ം ഇരുപത്തിയേഴ് അനന്തരം യോസഫിന്റെ മകനായ മനഷിയുടെ കുടുംബങ്ങളിൽ മനഷിയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലയാദിന്റെ മകനായ ഹേഫറിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തുവന്നു അവന്റെ പുത്രിമാർ മഹ്ള നോവ ഹൊഗ്ല മിൽക്കിർസ എന്നിവരായിരുന്നു അവർ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ മോശിയുടെയും എലയാസാർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞതെന്തെന്നാൽ ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല അവൻ സ്വന്ത പാപത്താൽത്രേ മരിച്ചത് അവ പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല ഞങ്ങളുടെ അപ്പന് മകൻ ഇല്ലായിക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്തുണ്ട് അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചുവച്ചു യഹോവ മോശയോട് അരുളി ചെയ്തത് സെലോഫാദിന്റെ പുത്രിമാർ പറയുന്നത് തന്നെ അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഒരു തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം അവന് മകളില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം അവന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം അവന്റെ അപ്പന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം അവനത് കൈവശമാക്കണം ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ േൽ മക്കൾക്ക് ന്യായ പ്രമാണം ആയിരിക്കണം അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് ഈ അപാരി മലയിൽ കയറി ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹ്റിനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ സീൻ മരുഭൂമി കാതേശിലെ കലഹജലം അതുതന്നെ അപ്പോൾ മോശ യഹോവയോട് യഹോവയുടെ സഭ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കാൻ തക്കവണ്ണം അവർക്കു മുമ്പായി പോകുവാനു അവർക്കു മുമ്പായി വരുവാനു അവരെ പുറത്തു കൊണ്ടുപോകുവാനുമായി അകത്തു കൊണ്ടുവരുവാനും സകലജടത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ ഹോവ സഫയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചത് എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാരിന്റെയും സർവ സഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്ക ഇസ്രയേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വെക്കേണ്ട അവൻ പുരോഹിതനായ എലയാസാറിന്റെ മുമ്പാകെ നിൽക്കേണ്ട അവൻ അവനുവേണ്ടി യഹോവയുടെ സന്നദ്ധിയിൽ ഊരേയും മുഖാന്തരം ചോദിക്കണം അവനും ഇസ്രയേൽ മക്കളുടെ സർവസഭയും അവന്റെ വാക്കുപ്രകാരം പോകയും അവന്റെ വാക്കുപ്രകാരം വരികയും വേണം യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു അവൻ യോശുവയെ വിളിച്ചു പുരോഹിതനായ എലയാസാരിന്റെയും സർവസഭയുടെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ച് യഹോവ മോശ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ അവനു ആജ്ഞാന കൊടുത്തൂത്തു